െട്ടിൽ വ്യവഹാരം കരേ കാര്യബുന്ദം അവിന്ദതം ഭാഗ്യയുടെ അമ്പരസ്ഥേ നിജവാഞ്ചേ മനസ്സിന്റെ ശാന്തി സമാധാനം സ്വസ്ഥത അതിനെ കുറിച്ചവരെ വ്യവഹാരപരേണ വ്യവഹാരത്തിൽ മുഴികെ നിരന്തരം വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കും ഏർപ്പെട്ടിരിക്കുന്ന തൽപര്യം നിരന്തരം എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്നവനാണെങ്കിലും മനസ്സിന്റെ സമാധാനത്തിന് പ്രവൃത്തി ഉപേക്ഷിക്കണമെന്ന് കൂടെ പറയുന്നില്ല അതാണ് എന്റെ പ്രത്യേകത മുൻപും വന്നാലും അവസാനിപ്പിക്കുന്ന ഈ കാര്യം പറഞ്ഞിട്ടാണ് നാലാ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവനാണെങ്കിലും താല്പര്യപൂർവ്വം പ്രവർത്തിക്കണം ഞാൻ വ്യവഹാര പരങ്കിലും കാര്യബൃന്ദം അവിന്ദത കാര്യബൃന്ദം കാര്യസമൂഹം താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കാര്യബന്ധം അവിന്ദത അത് നേടാത്തവൻ എന്നുവെച്ചാൽ ബാധിക്കാത്തവൻ അങ്ങനെ ഒരാളെക്കുറിച്ച് അവർക്ക് ഇപ്പൊ പ്രവൃത്തി ചെയ്യുന്നതല്ല പ്രശ്നം പ്രവർത്തിക്കാതിരിക്കുന്നത് ഒരു നേട്ടമാണ് എന്നും പറയുന്നത് പ്രവൃത്തി ചെയ്യുക അതാണ് അഭി എന്നുള്ള കാരണം മനസ്സിന്റെ ശാന്തി തളർത്തും എല്ല വിശാന്തി കിട്ടാൻ കഴിയുന്നുണ്ട് ചിലർക്ക് പ്രവൃത്തിയൊന്നും ചെയ്യാതിരിക്കുമ്പോൾ വിശ്രാന്തി കിട്ടും ഉണ്ട് പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന ശാന്തി അതും സാധിക്കുന്ന കാര്യമാണ് പക്ഷെ നിരന്തരം പ്രവൃത്തിയിൽ താല്പര്യത്തോടുകൂടി ഏർപ്പെട്ടിരുന്നാലും അവന് ശാന്തി ഉണ്ടാവും കൃഷ്ണ അവിടെ അതിന്റെ പ്രവൃത്തിയുടെ ഫലങ്ങൾ അവനെ ബാധിക്കാതിരിക്കും അഭിന്തത നേടാതിരിക്കുക ഈ പി പറയുന്ന ആശയം തന്നെയുള്ളവർ പറഞ്ഞത് തസ്മാൻ അസപ്തസം കാര്യം കർമ്മ സമാധം എന്നെല്ലാം പറയുന്ന ആശയം ഇപ്പോൾ താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രസക്തനായി സംഘമില്ലാതെ പ്രവർത്തിക്കുക നിങ്ങൾ വരുമ്പോൾ അതെന്താ കാര്യം ഫലം സുഖദുഃഖാദികൾ ഗുണദോഷങ്ങൾ ഒന്നു ചെയ്യുന്നവനെ ബാധിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് ശാന്തമായിരിക്കും ഉദാഹരണം പറയുന്നു അമ്പരസ്ഥ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനെ പോലെ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ സർവർപ്പം പ്രകാശമൊരുക്കുന്നു നിരന്തരം അങ്ങനെ ഒരു കർമ്മത്തിൽ അത് മുഴങ്ങിയിരിക്കുകയാണ് പക്ഷെ ഉച്ഛേ ഒന്നും ഉപേക്ഷിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നവന്റെ മാനസിക നില ഇതാണ് അപ്പോ പേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ പ്രവർത്തിക്കുമ്പോ മനസ്സിന് ഒരുപാട് ആകുലതകളുണ്ടായാൽ ദുഃഖങ്ങളുണ്ടായാൽ ടെൻഷനുണ്ടായ സമ്മർദ്ദങ്ങളുണ്ടായാൽ എല്ലാം നമുക്ക് പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും സമ്മർദ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെന്തുപേക്ഷിക്കാം പിന്നെ ഇവിടെ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ് വൈസ് ദുരാഗ്രഹം ഒരുപാട് ആഗ്രഹമല്ല ആഗ്രഹം മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റില്ല ജീവിക്കുന്നതിൻ്റെ ഒരാഗ്രഹത്തിന് മുൻനിർത്തി ആഗ്രഹം മനുഷ്യനോ ഒഴിവാക്കാൻ പറ്റും പക്ഷെ അങ്ങനെ വാങ്ങിച്ച പ്രവർത്തിക്കുമ്പോൾ വലിയ ദുരാഗ്രഹങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്ന ചൊവ്വാനിച്ചു അത് അവനങ്ങനെ ശാന്തി കൊടുക്കും ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും കണ്ടുകൊണ്ട് ഒരു കാര്യം സാധിക്കാൻ പറ്റുമോ എന്നാദ്യം ചിന്തിച്ച് മനസ്സിലാക്കും അത് ചിന്തിക്കാതെ ഇതെനിക്ക് കഴിയുന്നതാണോ കഴിയാത്തതാണോ എന്ന് ചിന്തിക്കാതെ വെറും ആഗ്രഹത്തെ മുൻനിർത്തി ദുരാഗ്രഹത്തെ മുൻനിർത്തി അത് നേടാൻ വേണ്ടി പരിശ്രമിക്കും തനിക്ക് അസാധ്യമായങ്ങനെയാണ് തനിക്ക് നേടാൻ കഴിയും ആദ്യം സാധ്യമാണോ എന്ന് പരിശോധിക്കാധ്യമാകാത്തത് നേടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ദുരാഗ്രഹം സാധ്യമാകുന്നത് നേടുന്നത് ആഗ്രഹവും ദോഷവും അത് സാധ്യമാണെന്നറിയും ഇനി ഒരു കാര്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സാധ്യമാണ് പക്ഷെ തനിക്ക് അതിനുള്ള കഴിവുണ്ടോ ബൗദ്ധികമായ ശേഷിയുണ്ടോ കായികമായ ശേഷിയുണ്ടോ അതിൻ്റെ സാഹചര്യങ്ങളുണ്ടോ അനുകൂല സാഹചര്യങ്ങൾ വേണം അപ്പോ അനുകൂലമായിട്ട് എന്തൊക്കെയുണ്ട് പ്രതികൂലമായിട്ട് എന്തൊക്കെയുണ്ടെന്ന് ചിന്തിക്കണം അപ്പോ പ്രതികൂലമായും ഒരുപാടുണ്ട് അനുകൂല കുറവാണ് ആനുകൂല്യങ്ങൾ കുറവാണെങ്കിൽ പിന്നെ സാധ്യമെന്ന് തോന്നിയാലും അതിൽ പരിശ്രമിച്ചിട്ട് കാര്യം അന്ന് തനികളുള്ള കഴിവ് ശേഷികളിൽ പലതരത്തിലുള്ള ശേഷി ഭൗതികമായ ശേഷി മാത്രം കായികമായ ശേഷി മാത്രം മറ്റു പലതരത്തിൽ സാഹചര്യങ്ങളുണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കാനുള്ള കഴിവ് വേണം പ്രത്യേകൂടെ സാഹചര്യങ്ങളെയും അനുകൂലമാക്കാനുള്ള കഴിവുകൾ അതൊക്കെ മനസ്സ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷം സാഹചര്യങ്ങൾ പ്രകൃതി പ്രതികൂലമായിരുന്നാലും അതിനെയൊക്കെ അനുകൂലമാക്കിയെടുക്കുന്നതിനുള്ള ഒരു സാമർത്ഥ്യം അതൊക്കെ മാനുഷികമായ ശേഷികൾ തന്നെയാണ് കഴിവ് തന്നെയാണ് അങ്ങനെ കഴിവുള്ളവർക്ക് സാധ്യമായതെന്താ നേടാൻ പറ്റും തികച്ചും അസാധ്യമാണെങ്കിൽ കഴിയും എങ്ങനെയുള്ള ബോധത്തോടുകൂടി അന്ന് സമം എന്ന് പറയും സമചിത്തതയോടുകൂടി പ്രവർത്തിക്കുമ്പോ ആ പ്രവൃത്തിയെ കുറിച്ചുള്ള ശരിയായ ധാരണയോടുകൂടി പ്രവർത്തിച്ചാൽ വ്യവഹാര പരിഗണന അനുശാന്തനം ഉണ്ടായിരിക്കും സമാധാനം ഉണ്ടായിരിക്കും അപ്പൊ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ അസാന്തനാവണമെന്നുണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള അത് ഗ്രാഹ്യ ത്യാജ്യബുദ്ധി വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്തൊക്കെ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകണം ഈ ഗ്രാഹ്യത്യാജ്യപതിയോടുകൂടി പ്രവർത്തിക്കണം പ്രവർത്തിക്കുമ്പോൾ മനസ്സിന് സമാധാനം വേണം ഉണ്ടായെ പ്രവർത്തി വിജയിക്കത്ത മനസ്സിന് ശാന്തി ഇല്ലെങ്കിൽ ഇന്ന് സംഭവിക്കുക സമാധാനം ഇല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരാളുകൾ വേണ്ട സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയത്തില്ല മനസ്സ് അസ്വസ്ഥമായി ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ അന്ന് എന്നെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാതെ ഒരു അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർ ആത്മീയതയിലേക്കൊക്കെ തിരിയുന്നത് എന്നുള്ളതാണ് ഒരു വാസ്തു ശേഷിയില്ലായ്മ അങ്ങനെ തിരിയുന്നവർക്ക് ആത്മീയതയിലും കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റും ഈ പ്രകടനത്തിൽ പറയുന്ന ആത്മീയതയിലെ ഏറ്റവും വലിയ നേട്ടമായി പറയുന്ന മനസ്സിന്റെ ശാന്തിയാണ് സമാധാനം സ്വസ്ഥത പല പേരുകളിലൂടെ അത് പറ്റും അവിടെ അസ്വസ്ഥമായി തന്നെ ജീവിക്കും കാരണം അസ്വസ്ഥമായി വലിയ അസ്വസ്ഥത ഒരു പകർച്ചവ്യാധി പോലെ പകർത്തും കാരണം ഒരാൾ അസ്വസ്ഥമായ മറ്റുള്ളവർക്കും അത് കിട്ടും സ്വസ്ഥതയില്ലാതെ സഹകരിക്കാൻ പറ്റത്തില്ല മറ്റുള്ളവരുമായിട്ട് തൻ്റെ കൂടെ ഉള്ളവരുമായിട്ട് സഹകരിക്കാൻ പറ്റത്തില്ല അടിസ്ഥാനപരമായ മാനസിക പ്രശ്നങ്ങളാണ് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അതൊന്നും പരിഹരിക്കാൻ പറ്റും മനസ്സിൽ ശാന്തി സമാധാനം ഉണ്ടായാലും അന്നത്തെ നോക്കി മറ്റുള്ളവരോട് സ്വതരിച്ച് പ്രവർത്തിക്കുന്നു അനാവശ്യമായ മത്സര ബുദ്ധികളൊക്കെ ഒഴിവാക്കാൻ പറ്റും മനസ്സിൻ്റെ അനാവശ്യമായ മത്സര ബുദ്ധികളുണ്ട് മത്സരം സമൂഹത്തിന്റെ ഒരു സ്വഭാവമാണ് മത്സരം മനുഷ്യരെല്ലാം മത്സരിച്ച മുന്നേ അത് മുന്നോട്ട് പോകും നമ്മള് ചെറിയ പ്രായം പോലെ മത്സരിപ്പിക്കാൻ പഠിക്കും വീട്ടുകാർ എല്ലാം സ്കൂളിൽ ചെന്നാവശ്യപ്പെടുന്നത് മത്സരിച്ച് പഠിക്കാനാണ് മത്സരിച്ച് പഠിച്ചു പഠിച്ചിട്ട് കൂടുതൽ മാർക്കും അപ്പൊ മത്സരത്തിനുള്ള ട്രെയിനിങ്ങാണ് കുട്ടിക്കാലും അവരേ കിട്ടും എല്ലാ ഏത് രംഗത്ത് തന്നാലും മത്സരം അപ്പൊ മാനസികാരോഗ്യത്തെ നശിപ്പിക്കാത്ത മത്സരം ദോഷവും വളർച്ചയ്ക്ക് സഹായിക്കും പക്ഷെ ആ മത്സരം മാനസികാരോഗ്യത്തെ നശിപ്പിച്ച് ഒരുപാട് അഭിവാഞ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ കഴിവിനും അപ്പുറം തൻ്റെ ശേഷിക്കപ്പുറമുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ച് മറ്റുള്ളവരോട് മത്സരിക്കുമ്പോൾ എനിക്ക് ഒരിടത്തും എത്താൻ കഴിയില്ല എന്നൊക്കെ പരാജയപ്പെട്ടു അങ്ങനെ പരാജിത ആശ്രയമായി മാറും ആത്മീയത പൊതുവെ അങ്ങനെയാണ് അല്ല എന്നൊക്കെ ആത്മീയക്കാർക്ക് ഇതൊരഭിമാനം ഉണ്ടെങ്കിലും ഒന്നും വാസ്തവ ആത്മീയക്കാർക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കാരണം ഇതാണ് അഭിമാനിച്ച ഉദ്ദേശിച്ചും ഉപേക്ഷിക്കാനില്ല മോശമായതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടു എന്തെങ്കിലും മോശമായ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനുപേക്ഷിക്കും വെറുക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടിവരും അതില്ലെങ്കിൽ പിന്നെ എന്താ ഉപേക്ഷിക്കും നല്ലതെന്തായാലും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല പിന്നെ അഭിപ്രായം ഉദ്ഘടമായ ആഗ്രഹം തന്നിൽ ഇല്ലാത്തതന്നെ ആഗ്രഹിക്കേണ്ട കാര്യം തനിക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ആഗ്രഹിക്കണ്ട തനിക്ക് വേണ്ടത് എന്താണ് ഇവിടെ പറയുന്നത് സമാധാനം തനിക്ക് വേണ്ട സമാധാനമാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാണ് ഇവിടെ മനസ്സിന്റെ സമാധാനത്തിൽ അതിനൊരു നല്ല ഉദാഹരണം കൊടുക്കുന്നു ആകാശത്തില് സൂര്യനപ്പ സൂര്യൻ അതിന്റേതായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു അതിന്റെ ഉദാഹരണം മാത്രമാണ് മനുഷ്യനെ സൂര്യനോട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് അജൈവമായ ഒരു വസ്തുവാണ് മനുഷ്യന് ഒരു ജൈവഘടനയാണ് അപ്പൊ ഒരിക്കലും സൂര്യനോട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും ഒരു പൊതു സ്വഭാവത്തെടുത്ത് പറയുക അതിലൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് വികാര വിചാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരൊന്നും ഉപേക്ഷിക്കാനുമില്ല ആഗ്രഹിക്കാനുമില്ല പക്ഷേ അതുപോലെ തന്നെ എങ്കിലും ഒരു കർമ്മത്തിൻ്റെ നിർമ്മമതയെ കാണിക്കാൻ പറ്റി അതുപോലെ പ്രവർത്തിക്കുന്നവൻ ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ പെട്ടു വരഞ്ഞു പോകരുത് അവന്റെ ചിത്രത്തിൽ സമാധാനം ഉണ്ടാവും ഗീതിയിൽ ആവർത്തിച്ചു പറയുന്നത് കാര്യവൃന്ദം അവിന്ദത കാര്യ സമൂഹങ്ങളെ നേടാത്താൽ പ്രവൃത്തിയുടെ ഫലങ്ങളെ നേടാത്തതും എന്നുവെച്ചാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ അനുഭവിക്കാത്തവൻ പ്രവൃത്തിയുടെ ഫലമെന്ന് പറയുന്ന പ്രഥമമായി ഉദ്ദേശിക്കുന്നത് ഗുണദോഷങ്ങളാണ് വ്യവഹാരം വരെയാണ് താൽപ്പര്യപൂർവ്വം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ശരി പ്രവർത്തിക്കാതിരുന്നാൽ രണ്ടും ഇവിടെ പ്രവർത്തിക്കുകയാണ് പ്രാധാന്യം അമ്പരസ്ഥേന ഭാനായ്മ ആകാശത്തിലെ സൂര്യനെ പോലെ ഉച്ച വാങ്ങിച്ചത് ഒന്നും തിരിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല യുവനഹർഷി ദിനം ത്യേഷ്ഠി എവിടെന്ന കേട്ടിട്ടുള്ളത് ബാക്കി നശോചതന കംഷതി ബാക്കി ശുഭാശിവ പരിത്യാഗി ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബാക്കി ഭക്തിമാൺ സമയപ്രിയ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞാൽ പോലും ഭക്തർക്ക് ഇനി ആരെ കുറിച്ച് അതാണ് ഭക്തരെന്നാ പറയുന്നത് അങ്ങനത്തെ ഭക്തി നമുക്ക് പരിചയമില്ല അതുകൊണ്ടാണ് ഇതൊന്നും ഓർമ്മയിൽ വരാത്ത എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മയൊന്നാണ് ഞാൻ ഭക്തനൊന്നുമല്ല ഭക്തനല്ലാത്ത എനിക്ക് പോലും ഓർമ്മയിൽ വന്നപ്പോൾ ഭക്തന്മാരായാലും ഓർമ്മയില് വരാനും മനഃപ്രശാന്തം അത്യസം വിശ്രാന്തം വികതഭ്രമം അനീഹം വികതാഭീഷ്ടം അഭിവാഞ്ചിനോചനശാന്തിയെ കുറിച്ച് പറയുക മാത്രമല്ല പറയുന്നത് മനഃശാന്തി അങ്ങനെ കൈവരിക്കാമെന്ന് കൂടെ പറയുള്ളൂ അതുകൂടെ പറയുള്ളു പക്ഷെ മൊത്തത്തിലുള്ള ഒരു അർത്ഥവാദപരമായിട്ട് സ്തുതിപരമായിട്ടാണ് പറയുന്നത് പക്ഷെ അതിന്റെ അകത്ത് തന്നെ ശാന്തിയുടെ സാധനകളെയും പറയൂ രണ്ടും കൂടെ പറയു അല്ല അശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ പറയുക ശാന്തി ശാന്തി കേട്ട അശാന്തി അങ്ങനെ ശാന്തി എങ്ങനെ മനസ്സിലുണ്ടാവണോന്നുകൂടെ അറിയ മനസ്സിന്റെ ശാന്തി പ്രധാനമായിട്ടും മാനസികമായ അധ്വാനം കൊണ്ട് സാധ്യത മനസ്സാണ് അതിന് മുഖ്യം അതും ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചെന്ന് പറയേണ്ടി വരും എല്ലാ മനസ്സിന് ശാന്തിക്കുള്ള സിദ്ദോഷം അങ്ങനെ ഒന്നില്ല കൊറോണയുടെ വാക്സിൻ പോലെ എല്ലാവരുടെയും കൊറോണയ്ക്ക് കൂടെ ഒരു വാക്സിൻ അങ്ങനെയല്ല ഓരോരുത്തരുടെയും മനസ്സിനനുസരിച്ചുള്ള മനഃശാന്തിക്കുള്ള ഉപായങ്ങളെ പറയാൻ പറ്റും ഇനി മനഃശാന്തിക്ക് വേണ്ടി മനുഷ്യനൊരിക്കലും ചിന്തിച്ചാൽ പിടികിട്ടാത്ത ഓരോ ആചാര്യന്മാരും പലതരത്തിൽ തർക്കിക്കുന്ന ദുരൂഹമായ ആത്മാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ മനഃശാന്തി ഉണ്ടാകും സാധ്യത വളരെ കുറവാണ് കാരണം തർക്കവിതർക്കങ്ങളിൽപ്പെട്ട ആൾക്കാർ പുഴന്നുപോകത്തു അപ്പൊ മനഃശാന്തിക്ക് വേണ്ടതെന്താണ് മനസ്സിനെ തന്നെ മനസ്സ് അവനവന്റെ മനസ്സ് അറുപന്തരും തലവേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഓരോരുത്തരുടെ അതിലും പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് മന മരുന്നുകളാണ് ഒറ്റമൂലികൾ ഇന്നും ചെയ്താൽ മതി അവരോടും ആരെങ്കിലും മനസ്സിന് പ്രയാസമൊണ്ട് വന്നാലും നമുക്ക് ഉപദേശിക്കാം പക്ഷേ അവനവന്റെ മനസ്സിന് ശാന്തമാകുന്ന ഉപായം എപ്പോഴും അവനന്യമായി അതവന് കഴിയത്തില്ല മറ്റുള്ളവരും ഒക്കെ ശാന്തി പകർന്നു കൊടുക്കും ശാന്തിദൂതനായിട്ടൊക്കെ പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം മനഃപ്രശാന്തം ശാന്തമായ മനസ്സ് അതെങ്ങനെയാണ് പ്രത്യേകം ശുദ്ധമായി അപ്പൊ മനസ്സിനെ ശുദ്ധമാക്കുക എന്നതാണ് ഈ ശാന്തിക്കുള്ള ഒരു വഴി മനസ്സിന ശബദ്ധമാകും എന്നറിഞ്ഞത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ശ്രമിക്കുക എന്ന് പറയാൻ പറ്റും മനസ്സിനെല്ലാം പരമവിശുദ്ധമാക്കി ജീവിക്കുന്ന മനുഷ്യരൊന്നുമില്ല അത് നമ്മുടെ തോന്നലാണ് അങ്ങനെയൊന്നും ആകെ ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് െന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണോ വൈരുദ്ധ്യാത്മകമാണോ അതിനോടുള്ള പ്രവർത്തനവും പ്രതിപ്രവർത്തനവും അതാണ് നമ്മുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ കുറേയൊക്കെ സ്വാധീനം മനസ്സിനങ്ങനെ സ്വച്ഛമായ പ്രകൃതി അങ്ങനെ ഒന്നും മനസ്സിനില്ല മനസ്സും ഒരുപാട് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് മനസ്സ് ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ നിറഞ്ഞ മനസ്സ് വളരെ സ്വച്ഛമായ സാധനമാണ് അതിനെ കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നതെന്നാണ് പ്രശ്നം അങ്ങനെയല്ല മനസ്സ് മനസ്സ് നമുക്ക് അനുഭവമുള്ള സാധനം അത് എപ്പോഴും പല വൈരുദ്ധ്യങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കും അതിൻ്റെ ഒരു സ്വഭാവമാണ് അതിന്റെ ഏകസ്വഭാവം അപ്പൊ അതിനെ നമ്മൾ മനഃശാന്തി കൈവരിക്കുക എന്നാണ് സമാധാനത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ ആ വൈരുദ്ധ്യങ്ങളെ കുറയ്ക്കുക കടലിലെ തരംഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല അവിടെ വായു അധികം ക്ഷോഭിക്കാതിരുന്നതിന്റെ അലകളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുക എത്രയുള്ള അലകളില്ലാത്ത സമുദ്രം അങ്ങനെ ഒന്നില്ല ശാന്തസമുദ്രമെന്നൊക്കെ പറച്ചില്ലയോ ഒരിക്കലും അത് ശാന്തമാകും അതുപോലെ തന്നെ മനസ്സ് കാരണം മനസ്സ് സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ മനസ്സിലാ പ്രകൃതിയുടെ സ്വാധീനം എപ്പോഴും ഉണ്ടാകും നമ്മുടെ ബാഹ്യപ്രകൃതി ആന്തരികമായ പ്രകൃതി തന്നെയാണ് മനസ് ബാഹ്യമായ പ്രകൃതിയോടെ എപ്പോഴും അത് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പ്രയത്നിക്കുകയാണ് അതിനോട് നിശാന്തമാക്കി വെക്കാൻ അപ്പോ അത് വണ്ടി മനസ്സിനെ സ്വച്ഛമാക്കി വെക്കുക ശുദ്ധമാക്കി ശുദ്ധമാക്കി വെക്കാൻ മനസ്സിന് ഇത് അനാരോഗ്യകരമായ ക്രോണതകളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായും ഒരും മത്സര ബുദ്ധിയായി ആരോടൊ മത്സരിക്കുന്ന നമ്മളോട് സഹകരിക്കുന്നവരോട് നമ്മൾ മത്സരിക്കുന്നു മനസ്സും മനസ്സുകൊണ്ട് മത്സരിച്ച ശരീരം കൊണ്ടും മത്സരിക്കും ആ മത്സര ബുദ്ധിയാണ് മനസ്സിന് സ്വസ്ഥമാണ് പറഞ്ഞല്ലേ മത്സരിച്ച് ജയിക്കണം അത് തനിക്ക് ജയിക്കാൻ ശേഷം ഇല്ലെങ്കിലും മത്സരി അസാധ്യമായ കാര്യത്തിൽ മത്സരിക്കും അപ്പോ നിരന്തരം മത്സരിച്ച് പരാജയപ്പെട്ടാലും മത്സരിക്കും അതൊക്കെ മനസ്സിന് അസ്വസ്ഥ എന്റെ സാറിന് പറയുന്ന ഒരാഗദ്വേഷങ്ങൾ അതൊക്കെ അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ചിലരോടൊക്കെ വളരെ മമത തോന്നുക പിരിയാതിരിക്കുക പിരിയാൻ പറ്റാതിരിക്കുക ചിലരോടൊക്കെ അകാരണമായ അകൽച്ച തോന്നുക ഒരാശയത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാതിരിക്കുക ഒരാളുടെ നമ്മൾ ചിന്തിക്കുന്ന പോലെ വേറെ ആ ചിന്തിക്കണമെന്ന് നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റും മനുഷ്യരെല്ലാം വ്യത്യസ്ത ഘടനയുള്ളവരുണ്ട് മാനസികൾ മനുഷ്യർ വ്യത്യസ്തമായി ചിന്തിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ഒരാൾ കോൺഗ്രസ് ആണെങ്കിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് മനുഷ്യ മനസ്സിന്റെ ചിന്താ രീതികളിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ആശയങ്ങൾ വ്യത്യസ്തമായി വ്യക്തികളെ അവിടെ വിദ്വേഷം ആശയങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് വ്യക്തികളെ എന്തിനും ദ്വേഷിക്കും വ്യക്തികളെ വിദ്വേഷിക്കേണ്ട കാര്യമില്ല ആശയങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക് പറ്റാത്ത ആശയങ്ങളുള്ളവരുമാണ് അപ്പോ അതിന്റെ പേരിൽ പരസ്പരം ആക്രമിക്കേണ്ട കാര്യമില്ല അക്രമം ആവശ്യം മനസ്സ് ക്രമരഹിതമായി പ്രവർത്തിക്കുന്നതാണ് അക്രമം അപ്പോൾ വ്യക്തി വിദ്വേഷം തോന്നുമ്പോൾ നമ്മുടെ മനസ്സുകാരം വ്യക്തി കാണുമ്പോൾ വർക്ക് വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വർക്ക് മനസ്സ് അസ്വച്ഛമാണ് അങ്ങനെ നിരന്തരം എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധതയെ കളയുന്നത് അതിനെ സ്വയം തിരിച്ചറിയുക അതാണ് വിവേകം ഇപ്പൊ വ്യക്തി വിദ്വേഷങ്ങൾ വ്യക്തിപരമായ അകൽച്ചകൾ ഇതൊക്കെ കൊണ്ടുപോവാ മനസ്സുകൊണ്ട് ആരോടും പറയേണ്ട കാര്യമില്ല ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ നമുക്ക് മാറ്റി നിൽക്കും നമുക്ക് നമ്മൾ സ്വീകരിക്കേണ്ട അത്രയും അത് വ്യക്തി വിദ്വേഷമായും മാറുകയും അത് പിന്നെ ഉള്ളിൽ പകയായിട്ട് വളരും പുകയായിട്ട് വളരെ പാലിനൊക്കെ ഉത്തരവിക്കണമെന്നോ കലഹി ജയിക്കാൻ ശ്രമിക്കും തോൽപ്പിക്കാൻ ശ്രമിക്കും ഇതൊക്കെ എന്താണോ അടിസ്ഥാനപരമായി മനസ്സിൻ്റെ സ്വച്ഛ ശുദ്ധി അത് നഷ്ടപ്പെടുന്നുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് മനസ്സമാധാനത്തെ നശിപ്പിച്ചത് സമാധാനമുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു അധികം കാറ്റത്ത് ഒലയാതെ ഭഗവത്ഗീതയിലൊക്കെ ഉദാഹരണം പറയും കത്തുന്ന ഒരു ദീപനാളം പോലെ അയാൾക്ക് സ്വയം അനുഭവപ്പെടും മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ദീപനാളത്തിലേക്ക് നമ്മൾ ശക്തിയായിട്ട് ഊതിക്കഴിഞ്ഞാൽ അത് ഒലഞ്ഞു കെട്ടുപോകും അപ്പൊ മനസ്സിന്റെ മാലിന്യങ്ങൾ നമ്മുടെ അസ്വച്ഛത നമ്മുടെ മനസ്സിന് ശാന്തതയെ കളയരുത് നമ്മുടെ മാലിന്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ സ്വച്ഛതും നമ്മൾക്ക് മനസ്സിന് തീർച്ചയായും നമ്മളോട് സഹകരിക്കുന്നവരിലേക്കും നമുക്ക് ഇനിയും തുടർന്ന് നിരന്തരമായി പറയും ആ ശാന്തതയോ നമുക്ക് പകർന്നു കഴിയണം ഇനി കഴിഞ്ഞില്ലെങ്കിൽ കഴിയാതെയും വന്നിരിക്കാം ഇതൊന്നും നൂറ് ശതമാനമാണ് നമ്മളൊരു അമ്പത് ശതമാനത്തിന് മേളിൽ നിന്നാമത് ആവറേജിന് മേളിലും എനിക്ക് ആശ്രയിച്ചാൽ താഴോട്ട് പോകാൻ തന്നെയാണ് പെർഫെപ്ഷൻ എന്ന് പറയുന്ന ഒന്നിനും ഒരു മനസ്സിനുമില്ല ഒരു വ്യക്തിക്കില്ല ഒന്നിനും നമ്മൾ ആവറേജിന് വേണ്ടി ശരാശരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ നടത്തണം അങ്ങനെ നിർത്തിയാൽ തന്നെ വളരെ മനസ്സ് ശാന്തമാവും മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ അതിലെ ആശ്വാസമാണ് ആശ്വാസം എന്ന് പറഞ്ഞാൽ ശാന്തമായ മനസ്സോടുകൂടി ജീവിക്കുന്നവന്റെ ജീവിതം ആശ്വാസകരമാണ് അവൻ ആശ്വാസത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു അതുകൊണ്ട് മാലിന്യങ്ങളില്ലാതിരിക്കുക നമ്മുടെ മനസ്സ് മലിനമാകുമ്പോൾ നമുക്കത് തിരിച്ചറിയേണ്ട എൻ്റെ മനസ്സ് മലിനമായി ആരോടെങ്കിലുള്ള വിദ്വേഷം കൊണ്ടോ അസൂയ കൊണ്ടോ മത്സരബുദ്ധിയുണ്ടോ അങ്ങനെ മനസ്സ് മലിനമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മലിനമായ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവർ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കാ മറ്റുള്ളവരുടെ അടുത്ത് ആ മനസ്സോടുകൂടി പോയി ഇടപെടാതിരിക്കും മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തന്നെ ശുചീകരിച്ചിട്ട് ആ മനസ്സുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിക്കാം മനസ്സിന് മാലിന്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരോടുള്ള സഹകരണം ഒഴിവാക്കുക സഹകരിക്കരുത് മനസ്സിന് സ്വസ്ഥ ആകാശങ്ങൾ സ്വച്ഛമാകാശങ്ങൾ അല്ലെങ്കിൽ എന്തോരും ആ മാലിന്യം നമ്മളുടെ കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കും മറ്റുള്ളവരുടെ അസ്വസ്ഥത ഉണ്ടാക്കും ഈ മനസ്സിന്റെ മാലിന്യം എല്ലാവരെയും മനസ്സിൽ കാര്യമാണ് ഏത് മനസ്സിനും കിടന്നു വരും എന്തുകൊണ്ട് ആദ്യം പറഞ്ഞ കാര്യം മനസ്സെന്ന് പറയുന്നത് പ്രകൃതിയോട് എപ്പോഴും പ്രതിപ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ അത് മാലിനമാകാനുള്ള സാധ്യത എപ്പോഴും അപ്പോൾ മാലിന്യത്തെ മാറ്റുന്നതാണ് സ്വച്ഛത അത് സ്വന്തം മനസ്സിന് ശാന്തി കൊടുക്കും കൊടുത്താൽ ശാന്തമായ മനസ്സുകൊണ്ട് മറ്റുള്ളവരോട് ഉപകരിക്കുമ്പോൾ അവർക്കൊരു സാന്തവും അല്ലെങ്കിൽ നമ്മൾ സഹകരിക്കാതിരിക്കുക മാറിയിരിക്കുക നമ്മുടെ മാലിന്യത്തെ മറ്റുള്ളവരും നിക്ഷേപിക്കാതിരിക്കുക റോഡ് സൈഡിലൊക്കെ പെഴുതി വെച്ചിരിക്കുക ഇവിടെ മാലിന്യം നിക്ഷേപിക്കുക നമ്മളൊരു ബോർഡ് വെച്ചുകൊണ്ടിരിക്കുക ഇവിടെ മാലിന്യം നിക്ഷേപിക്കുക നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യങ്ങളൊന്നും എന്റെ എന്നെ കൊണ്ട് തള്ളരുത് ഇത് മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള കുപ്പത്തൊട്ടിയല്ല വേസ്റ്റ് ബോക്സല്ല എന്നും നമ്മളെക്കുറിച്ചൊരു ബോധം വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ളവരുടെ മറ്റുള്ളവരെ വേസ്റ്റ് ബോക്സായി കാണുക നമ്മുടെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപം നിക്ഷേപിക്കുക അതാണ് ഉപകരിക്കരുതെന്ന് പറയും ഇടപെടരുതെന്ന് പറയുന്നതാണ് മാറിരിക്കുക മനസ്സ് ശാന്തമാകുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സൗമ്യമായി അളവുക അല്ലാതെ വീട് കെട്ടു ശരി വീട് വീട്ടിൽ കൂടുതൽ മാലിന്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് മേടിച്ചു പോകും കുഴപ്പമൊന്നും വീട്ടിൽ തന്നെ കഴിഞ്ഞോളന്നൊന്നും വരുന്നത് ഒരു നിർബന്ധമില്ല ആശ്രമത്തിൽ പോവാം ആശ്രമത്തിൽ ചെന്നാൽ അവിടെയും മാലിന്യത്തിന് കുറവില്ലെങ്കിൽ എന്തായാലും തിരിച്ചു വെട്ടി പോകാൻ പറ്റത്തില്ല പിന്നെ ഓരോരുവഴി വേറൊരാശ്രമി പോയി നോക്ക് അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ പിന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മനസ്സിനെ സ്വച്ഛമാക്കുക എന്നുള്ള ഒരു പരിപാടിയുണ്ട് അത് ഒരു സമൂഹത്തിൽ ഒരാളായി വിചാരിച്ച അടക്ക് ഒരുപാട് പേര് ഒരുമിച്ചു കൂടുന്ന ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലെ വിചാരിച്ചാലേ ആ സമൂഹത്തിൽ ശാന്തി ഉണ്ടാവും സമാധാനമുണ്ടാവും ഒരാൾക്കായിട്ട് സാധിക്കാൻ പ്രയാസം എല്ലാരും ചെയ്യുന്നു ആൾക്കാർ പറയുമ്പോഴോ ആശ്രമം അവിടെ സമാധാനം ആണെന്നൊക്കെ പറയും വെറുതെ എല്ലാവരും തമ്മിൽ മത്സരിക്കുകയും മലിനമായ മനസ്സുകൾ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇല്ല എന്ന് പുറമേ ഒക്കെ പറഞ്ഞാലും പുള്ളിൽ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്കരുത് അത് ഒരുപാട് ആശ്രമം കണ്ടല്ലോ ഒരു ആശ്രമം പ്രശ്നം മനസ്സിന്റേതാണ് അപ്പാദ്യം പറയുന്നുവനെ സ്വച്ഛമാക്കുക പിന്നെ പറയുന്നത് ശാന്തിയെ ഭജിക്കുക എന്നൊന്നും ശമം തന്നെയാണ് ശാന്തി പക്ഷെ മനസ്സിനെ വിശ്രമിപ്പിക്കാൻ നമ്മൾ അഭ്യസിക്കും മനസ്സിൽ ഒരുപാട് വിക്കൽപ്പങ്ങൾ തന്നെ സംബന്ധിച്ചും മറ്റുള്ളവരെ സംബന്ധിച്ചും നമ്മൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നേ മനസ്സരിക്കുന്നു ഈ പറയുന്ന ശാന്തിയെ പ്രാപിക്കുന്നു കാരണം നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് പിടികിട്ടത്തില്ല ശരിക്കും പിടി കിട്ടത്തില്ല കാരണം അത് ആയിരം ഭണമുള്ള സർപ്പത്തെ പോലെയാണ് ഒരു സമയം അത് പുറത്ത് കാണിക്കുന്ന ഒരു പണമാണെങ്കിൽ അടുത്ത സമയം വേറൊരു ഭണമാണ് കാണിക്കുന്നത് മനസ്സ് പല മൂഡിലേക്ക് പോവുകയാണ് പല അവസ്ഥകളെ കാണിച്ചതിൽ പല രീതിയിലാണ് മനസ്സ് ഉള്ളിൽ ഉണരുന്നത് ഒരേ രീതിയിൽ സ്വന്തം മനസ്സിൽ തന്നെ തനിക്ക് പിടികിട്ടാതിരിക്കുമ്പോ അന്യന്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സങ്കല്പിക്കുകയാണ് അയാൾ ദുഷ്ടനാണ് ശിഷ്ടനാണ് ക്രൂരനാണ് ശാന്തനാണ് അശാന്തനാണ് ഇതൊക്കെ ആയാലും മനസ്സിനെ കുറിച്ചുള്ള സങ്കല്പമാണ് വികൽപ്പങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ വികല്പങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് വിശ്രമം ഉണ്ടാകായിട്ട് മനസ്സിന് വിശ്രമം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു നമുക്കത് നമ്മൾ ചിന്തിക്കും അവൻ പാപിയാണെന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവൻ പുണ്യവാനാണെന്ന് ചിന്തിക്കുന്നു ഇതൊക്കെ അനാവശ്യ ചിന്തകളാണ് എന്തോ ആയിക്കോളട്ടെ നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പാപത്തെയും പുണ്യത്തെയും ശിഷ്ടതയും ദുഷ്ടതയും ഒക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ മനസ്സിൽ വിശ്രമിക്കാൻ തുടങ്ങും വികല്പങ്ങൾ അവസാനിക്കാൻ തുടങ്ങും അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നുള്ള മനസ്സിന് അങ്ങനെ വികല്പങ്ങളൊക്കെ കൊടുക്കാൻ എങ്ങനെയാ സാധിക്കും എപ്പോഴാണോ മനസ്സിന് സ്വൈരതയുണ്ടോ സ്വസ്ഥതയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ വെറുതെയിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന സമയത്ത് മനസ്സിന് ഇത്തരം അർത്ഥവത്തായ ചിന്തകളൊക്കെ നിറയ്ക്കും അർത്ഥവത്തായ ചിന്തയെന്ന് വെച്ചാൽ പോസിറ്റീവായ ചിന്ത അതും മനസ്സിലും നിറയ്ക്കും കാരണം നമ്മളെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയോ നമുക്ക് പ്രവൃത്തി ശ്രദ്ധിക്കും നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത നമ്മൾ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം അതാണോ നമ്മൾ പ്രാർത്ഥിക്കുക ജപിക്കുക ധ്യാനിക്കുക ഇങ്ങനെയൊക്കെയുള്ള സമയം ഈ സമയത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക അത് വേറെ മനസ് മനസ്സിനോട് ഒരു കാര്യം ഉറക്കം വരും ക്ഷീണിക്കും വിഭ്രാന്തികൾ ഉണ്ടാവാം അതിൽ കൂടുതലൊന്നും സംഭവിക്കും എവിടെങ്കിലും സ്വസ്ഥമായി ഇരിക്കാനും ചിന്തിക്കാനും അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല അർത്ഥവത്തായ ചിന്തകൾ ഇവിടെ ഈ പറയുന്ന ശാസ്ത്രജ്ഞ ഞാനത് വ്യാഖ്യാനിക്കുന്നതെന്നേ എന്റെ ചിന്തകൾക്കനുസരിച്ച് ഞാനത് വ്യാഖ്യാനിക്കുന്നതെന്നേ ഉള്ളൂ ഇവിടെ പറയുന്ന കാര്യം തന്നെയാണ് ഇനി പറയുന്നതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമ്മുടെ മനസ്സിന് സമ്പുഷ്ടമാണ് മനസ്സിനെ ധന്യമാണ് നമ്മുടെ മനസ്സിലാ ധന്യത വരും അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രശാന്തി അല്ലെങ്കിൽ മനസ്സിന്റെ വിശ്രാന്തി അനുഭവിക്കാൻ പറ്റും ഭയങ്കരമായി ധ്യാനിക്കുന്നു വടിപോലെ ഇരുന്ന് ധ്യാനിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല അവളോട് ധ്യാനം കഴിഞ്ഞിട്ട് ക്രുദ്ധന്മാരായി മാറുന്നു കാണുന്നവരെയൊക്കെ ശ്രദ്ധിക്കുന്നു ഭസ്മമായി പോട്ടെ എന്നൊക്കെ പറയും എന്തുകൊണ്ടാണോ മനസ്സിന് അർത്ഥവത്തായ ഒരു ഭാവവും അങ്ങനെ ചിന്തകളില്ല മനസ്സ് അങ്ങനെയുള്ള അവസരങ്ങളെല്ലാം മനസ്സിന് നല്ല ചിന്തയ്ക്ക് വേണ്ടി പോയി അത് കഴിവിലെ ബാക്കിയുള്ള കാര്യങ്ങളല്ല സമാധിയൊക്കെ പിന്നീടല്ല വിശ്രാന്തി അത് സ്വീകരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത് പറയുന്നത് വികതഭ്രമം നമ്മൾ ഭ്രമാത്മകമായൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്താണ് ലോകം ഭ്രമം എന്നല്ല ഇവിടെ പറയുന്നത് ഭ്രമം എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാണ് അത് ഭ്രമമാകല്ലാതിരിക്കും ചെല്ലു പറയുന്നതൊക്കെ ഭ്രമമാണ് ചെല് പറയുന്നു എന്താ സത്യമാണ് അത് തർക്കിച്ച ഒരു തീരുമാനത്തിലെത്ത് വിശ്വസിച്ച എവിടെയെങ്കിലും നമുക്ക് ഒരിടത്ത് കുറച്ച് ഇതാണ് ജഗത്ഭ്രമത്തിന്റെ കാര്യം ഇതെല്ലാം മനസ്സിന്റെ ഭ്രമങ്ങളാണ് മനസ്സിന്റെ ഭ്രമം എന്ന് വെച്ചാൽ സംശയിക്കേണ്ട ആത്മീയ ഭർമ്മങ്ങളാണ് ഈ ആത്മീയത എന്ന് പറയുന്നതിന് ഒരു ഭ്രാന്തിയാണ് ആത്മീയ ജീവികളെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽപ്പെട്ടതുപോലെ കുറേ മനുഷ്യരിക്കുന്ന ജീവി സ്വപ്ന ലോകത്തിൽപ്പെട്ട സ്വപ്നമാണെന്ന് തിരിച്ചറിയും ഇവിടെ പറയുന്ന ഒരു കാര്യം എനിക്ക് ബാക്കിയെല്ലാം ഉണ്ടെങ്കിലാണ് ശാന്തി മനസ്സിന് ശാന്തി വിഭ്രാന്തി പിടിച്ച് വിപ്രാളങ്ങൾ വിരളി പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ജപിക്കുന്നു നടക്കുന്നു ഓടുന്നു പ്രവർത്തിക്കുന്നു ഒന്ന് നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി എന്തൊക്കെയോ ചെയ്യും പൊതുവെ ഞാൻ അങ്ങനെയാ കാണാം ആരുടെയും കുറ്റം പറയുന്നതെന്താ മനസ്സിന്റെ സവിശേഷതയെക്കുറിച്ച് പറയുക ശാന്തിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ശാന്തിയെക്കുറിച്ചുള്ള ഭാവനകളുണ്ട് പക്ഷേ ശാന്തി എന്ന് പറയുന്ന സ്വ അനുഭവത്തിൽ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്നാൽ തൻ്റെ മനസ്സ് ശാന്തമായിരിക്കുക അങ്ങനെ ഒന്നിൽ ഈ പറയുന്ന മനസ്സിൻ്റെ തനതായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളും ഇതെല്ലാം കൊണ്ടും മനസ്സിന് എപ്പോഴും ഒരു വിദ്രമമായ അവസ്ഥയാണ് ശാന്തമായ മനസ്സിന്റെ ശരിയായ വിവേകം ശരിയായ വിവേകം ഉള്ള ഒരു മനസ്സിന് മാത്രമേ എന്താണ് ചെയ്യേണ്ടത് എന്തു ചെയ്യാൻ പാടില്ല എന്ത് ചെയ്താൽ പ്രയോജനമുണ്ട് എന്തു ചെയ്ത പ്രയോജനമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാം ഡിസിഷൻ മേക്കിങ്ങൊന്നും നമ്മളേതെങ്കിലും കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് അത് സ്വന്തം തീരുമാനത്തിനനുസരിച്ചാണോ പോകുന്നത് ആണെന്ന് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ എന്റെ ജീവിതം എന്റെ തീരുമാനത്തിനനുസരിച്ചാണ് പോകുന്നതെന്ന് പറയാൻ കഴിയണം അങ്ങനെ കഴിയണമെന്ന് വേണം ആ സ്വയം തീരുമാനിക്കെടുക്കുന്നതിനുള്ള ശേഷി ആ സ്വയം തീരുമാനമെടുക്കുന്നതിനുള്ള ശേഷി ബുദ്ധി സാമർത്ഥ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും നൈ നൈപുണ്യം കൊണ്ടോ മാത്രം സാധിക്കുന്നതല്ല അതെല്ലായിടത്തും പറയുന്നതാണ് ഒരു ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനമെടുക്കുന്നു ഇതാണ് എന്റെ ഇതാണ് എന്റെ ജീവിതം എന്ന് ഉറപ്പിച്ച് പറയാൻ സമാധാനമുള്ള മനസ്സിലേക്ക് പിന്നെയാണ് അയാൾ ഒരു കർമ്മരംഗത്ത് വന്ന് ഒരു പ്രവർത്തിയിൽ വന്നിട്ട് അവിടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക അത് ജീവിതത്തിൽ ശരിയായ തീരുമാനം സാലഗതിൽ അങ്ങനെയല്ല ഓരോരുത്തരും ഓരോ ഘടകങ്ങളിൽ ഒന്ന് ചാടിപ്പോവുകയാണ് ചിലപ്പം ഭൗതികമായ ഘടകങ്ങളായാലും ചിലപ്പോൾ ആത്മീയ ഘടകങ്ങളായാലും ഘടകം ട്രഞ്ചുകൾ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സ്വന്തം തീരുമാനത്തിനനുസരിച്ച് ശാന്തിയില്ല അതുകൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്നില്ല അങ്ങനെ സ്വന്തം തീരുമാനത്തിന് ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നതാണ് വിഭ്രാന്തിയിലുള്ള ജീവിതം അവിടെ പറയുന്നത് വികത ഭ്രമം ഭ്രമമില്ലാതെ കഴിയുക തെളിഞ്ഞ മനസ്സോണെങ്കിൽ തെളിഞ്ഞ മനസ്സാണെങ്കിൽ ജീവിക്കുന്നത് സ്വന്തം തീരുമാനം അനുസരിച്ച് അത് കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു പോരായ്മയല്ല കഴിയുന്നു എന്ന് പറയുന്നത് അല്പം മെച്ചപ്പെട്ട കാര്യമാണ് പറയുന്നു ഇത്രയേറെ പ്രശ്നങ്ങളാണ് കാരണം ഭ്രാന്തി ഭ്രമം എന്ന് പറയുന്നത് മനസ്സിലാണ് ഇവിടെ ഏത് മനസ്സിലാകുമോ തെളിച്ചം വരെ അവിടെയാണ് ഭ്രാന്തി ഭ്രാന്തിയിൽ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ജീവിക്കുന്നു മുമ്പോട്ട് പോകുന്നു അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഒരു ദിവസം അതിനിടയ്ക്ക് കുറേ സ്വപ്നങ്ങളും കുറേ ഭാവനകളും കുറേ പ്രതീക്ഷകളും ആയിട്ടിങ്ങനെ മുമ്പോട്ട് പോകുന്നു പിന്നെ ആശ്വാസം കൊടുക്കുന്നത് ഒരേ ഒരു പ്രതീക്ഷയാണ് എന്താണ് മനുഷ്യന് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ പോകട്ടെ ചത്തു കഴിഞ്ഞാൽ പിന്നെ സുഖമായി ഒന്നും അറിയത്തില്ല എന്നാൽ അങ്ങനെ ഒരു സുഖത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെ പോകും ഇവിടെ പരമാനന്ദമായിരിക്കും ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ ജീവിതത്തെ പുകച്ചു കളയുക കോമിച്ചു കളയുകയാണ് ജീവിതത്തിൽ തന്നെ ഒരു ഗണപതി ഹോമമാക്കുകയാണ് പുകച്ച് പുകച്ച് ഇതുകൊണ്ട് ഭ്രമത്തിലാജീവിച്ചു ശാന്തി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഇവിടെ പറയുന്ന എന്താണ് ഭ്രമമില്ലാതെ ചെയ്യും സ്വന്തം തീരുമാനിപ്പിക്കുകയും ഒരു സംശയവും വേണ്ട ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയണം പറയണമെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ച് സ്വയം തീരുമാനം എടുക്കാൻ കഴിയും എല്ലാ മഹാത്മാക്കളെ തന്നെ ഉപദേശിക്കും ഇത് തന്നെയാണ് പറയുന്നത് പിന്നെ ഈ മഹാത്മാക്കളുടെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും മറ്റുള്ളവർ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക നിരന്തരം ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക എന്തുകൊണ്ട് അവരിങ്ങനെ ഒരു ദുര്യോഗത്തിൽപ്പെടുന്നു കാരണം ഇവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ കഴിയില്ല സ്വയം തീരുമാനം എടുക്കാൻ കഴിയുന്നതിൽ പിന്നെ എന്ത് ചെയ്യുന്ന ഒരു നിരന്തരം ഉദ്ദേശിച്ചുകൊണ്ടേയിരിക്കും ഒരു ബാധ്യത പോലെ അവരത് ഏറ്റെടുക്കുന്നു അത് അവർക്ക് അതിനോക്കെ ജീവകാരുണ്യം ജീവകാരുണ്യം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല വേണ്ടത് മനുഷ്യൻ അങ്ങനെയല്ല ജീവിക്കേണ്ടത് ഉപദേശങ്ങളിൽ നിരന്തരം മുങ്ങിക്കുളിച്ചല്ല മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് സ്വയം വിഭ്രാന്തികളില്ലാതെ സ്വന്തം തീരുമാനത്തിൽ തെളിഞ്ഞ മനസ്സോടെ പോകുമ്പോൾ മാത്രമേ മനുഷ്യാന്തി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു അനീഹം അപ്പോ ഈഹ എന്നിട്ട് ചേഷ്ട പ്രവൃത്തിയാണ് ചേഷ്ടകളില്ലാത്തവനായി അപ്പൊ ഇവിടെ പറയുന്ന മനസ്സിന്റെ ശാന്തിയാണ് അപ്പൊ സന്ദർഭമനുസരിച്ച് നമ്മൾ അർത്ഥം മനസ്സിലാക്കണം മനസ്സിന്റെ ശാന്തിയെ നശിപ്പിക്കുന്ന ചേഷ്ടകൾ മാനസിക ചേഷ്ടകൾ ഇല്ലാത്തവനായി സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കില്ലെങ്കിൽ അത് ആശയക്കുഴപ്പം ഉണ്ടാകണം ജ്യേഷ്ഠ പ്രവൃത്തി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല ശരീരവും മനസ്സും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ നാക്ക് മാത്രമല്ല ശരി ചലിക്കുന്നില്ല എന്റെ ശരീരം മുഴുവൻ ചലിക്കുകയാണ് കൈ കാലും ബോഡി എല്ലാം ചലിക്കുകയാണ് അപ്പൊ ചേഷ്ടാരഹിതനായി ജീവിക്കാൻ പറ്റത്തില്ല ചത്തുകഴിഞ്ഞാൽ പോലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ വൈബ്രേഷൻ നടന്നുകൊണ്ടേ പിന്നെങ്കിലും ചേഷ്ടാരഹിതനായിരിക്കുന്നു അപ്പോ മനസ്സിന്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന മാനസിക ചേഷ്ടകൾ ഒരുപാട് വികൽപ്പങ്ങൾ മനസ്സിൽ വികൽപ്പം എന്ന് പറഞ്ഞാൽ അറിയാം സംശയമാണെങ്കിൽ പോകും നിരന്തരമായ സംശയങ്ങൾ മനസ്സിൽ വരും ഒന്നിലും ഒരു ഉറപ്പില്ലാതെ ഒന്നിനെ സംബന്ധിച്ചും വ്യക്തത ഇല്ലാതെ വരുമ്പോഴാണ് ഉറപ്പില്ലാതെ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ അന്ധമായും ഒറങ്ങെ പിടിക്കുന്നതാണ് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അതിന് മൂഢതാണോ മനസ്സിന് തെളിച്ചമില്ലാതെ ഏതെങ്കിലും ഒന്നിനും മുറുക പിടിച്ചു കഴിഞ്ഞാൽ അത് മൂഢതയാണ് മനസ്സിന്റെ തെളിച്ചം കൊണ്ട് വികല്പങ്ങൾ സംശയങ്ങൾ ഇല്ലാതെ പോകുന്നതിനെ ഇവിടെ പറയുന്നത് ഇത്തരം ചേഷ്ടകളില്ല അതിന് സഹായിക്കുന്ന നമ്മുടെ വിവേകമാണ് ഇപ്പോ ആകാശം എന്ന് ആകാശം ഇപ്പോ ഈ പറക്കുന്ന പക്ഷികൾക്ക് അതിന് നല്ല നിശ്ചയമാണ് അതെങ്ങോട്ടാ പറക്കുന്നു എന്നുള്ള കാര്യം ആകാശത്ത് പുറക്കുന്നവർ പക്ഷി നല്ല നിശ്ചയമുണ്ട് തൻ്റെ ലക്ഷ്യം ഇന്നതാണ് താൻ ഏത് വഴിക്കാണ് എങ്ങോട്ടാണ് പറക്കുന്ന മനുഷ്യനെ പോലെ വിവേകമുള്ള ഒരു പ്രാണിയല്ല എന്തിന് യന്ത്രങ്ങൾ ആകാശത്തൂടെ ഫ്ലൈറ്റ് പോകും ഒരു വെറും യന്ത്രമാണ് അതിന്റെ പിന്നിലൊരു മനുഷ്യനുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന യന്ത്രമാണ് അതിനും ഉറപ്പുണ്ട് ഇതാണ് എന്റെ ചാനൽ ഈ വഴിക്കാണ് ഞാൻ പോകേണ്ടതെന്ന് അറിയാം പക്ഷെ ഈ മനുഷ്യർക്ക് അവന്റെ ജീവിതം ഏത് വഴിക്കാ പോകുന്നതെന്ന് അവനറിയില്ല കഥാപാസം തന്റെ ജീവിതം ഏത് വഴിക്കാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവന് യാതൊരു ധാരണയാണ് എവിടെയൊക്കെയോ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആന്തരികമായ ധാരണയില്ല തന്റെ ജീവിതം എങ്ങനെയാണ് ഉരുണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് അവന് യാതൊരു ജീവിക്കുന്നു അത്രയല്ല ഇതെങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ എങ്ങനെ പോകുന്നു ഇതിനെ കുറിച്ചൊന്നും അവന് യാതൊരു എന്തുകൊണ്ട് മനസ്സിന്റെ വികല്പങ്ങളാണ് ആ ധാരണകളെ ഇല്ലാതാകുന്നു അതുകൊണ്ട് പറയുന്ന എന്താണ് അനേഹം വിഘത അഭീഷ്ടം അടുത്ത് പറയും ഓരോന്നും ഒരുപാട് വിശദീകരിക്കാം ഞാൻ ചുരുക്കമാണ് നമുക്ക് ഇരുന്നുകൊണ്ടിരുന്ന പോലെ വികത അഭീഷ്ടം അഭീഷ്ട സ്വാർത്ഥമായ ഇഷ്ടം എന്ന അഭീഷ്ടം സ്വാർത്ഥമായ ഇഷ്ടങ്ങളാണ് അഭീഷ്ടം എന്ന് പറയുന്നത് അപ്പോ സ്വാർത്ഥമായ ഇഷ്ടത്തിന് എന്താ ദോഷം സ്വാർത്ഥമായ ഇഷ്ടമനുസരിച്ച് എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നുണ്ടവൾ അതിന് കുഴപ്പമുണ്ട് സ്വാർത്ഥമായും ഇഷ്ടം എന്ന് പറയുന്നത് പരാർത്ഥമായും ഇഷ്ടമായിരിക്കും എന്നാ പ്രശ്നമൊന്നും അപ്പൊ ഇഷ്ടങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നു എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് തന്റെ അയൽപക്കക്കാരനൂടെ അതൊന്നും ഇഷ്ടമാണ് തന്റെ ഇഷ്ടത്തെ മാത്രം ജീവിക്കുന്നു അത് തകരാറില്ല അത് എന്താണ് തൻ്റെ സമൂഹവുമായി തൻ്റെ ചുറ്റുപാടുകളുമായി പൊരുത്തക്കേടുകളുണ്ടാക്കും തൻ്റെ ചുറ്റുപാടുകളുമായി പൊരുത്തക്കേടുണ്ടാക്കിയാൽ അത് തന്റെ മനസ്സിൽ പൊരുത്തക്കേടുണ്ട് താൻ അസ്വസ്ഥ തന്റെ ശാന്തി ഇപ്പൊ സ്വാർത്ഥമായ ഇഷ്ടം പരാർത്ഥമായ ഇഷ്ടവുമായിരിക്കും അത് രണ്ടിനും കൂടെ ഒരുമിപ്പിക്കണം ഇപ്പൊ തൻ്റെ ഇഷ്ടം തൻ്റെ തൻ പോരുമാണ് എന്നതൊക്കെ തൻ്റെ ഇഷ്ടം മാത്രം പരിഗണിച്ച് ജീവിക്കുക തനിക്ക് മാത്രം അങ്ങേറ്റക്ക പ്രാധാന്യങ്ങളുണ്ട് തൻ്റെ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക തൻ്റെ അടുത്തിരിക്കുന്നവന് അവൻ്റെ സൗകര്യത്തെ കൂടി ഒന്നും ശ്രദ്ധിക്കുക അതില്ല എല്ലാം തനിക്ക് വേണ്ടി മാത്രം എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിക്കുക കേന്ദ്രീകരണമല്ല വേണ്ടത് വികേന്ദ്രീകരണം ജീവിതത്തിൽ താൻ ഒരാൾ മാത്രം എല്ലാം തനിക്ക് അനുകൂലമാക്കിയത് എല്ലാത്തിനെയും തന്നോട് മാത്രം പൊരുത്തപ്പെടുക സ്വാർത്ഥം വ്യക്തി അഭീഷ്ടി വ്യക്തി കേന്ദ്രീകൃതമായൊരു ചെയ്യും അവിടെ എന്താണ് എല്ലാ പരിഗണനയും തനിക്ക് അന്യന് യാതൊരു പരിഗണനയുണ്ടാവും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതം വളരെ കേമമായിരുന്നു സ്വസ്ഥമായിരുന്നു സുഖമായിരുന്നു എന്നത് കരുതുന്ന അബദ്ധമാണ് അവിടെ തനിക്ക് താൻ കൊടുക്കുന്ന ഒരു പരിഗണന ആ പരിഗണന തന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കിട്ടാൻ അർഹരാണ് എല്ലാവരും അർഹരാണ് അല്ലെങ്കിൽ ആ വ്യക്തി അഭീഷ്ടത്തിന് മാത്രം വ്യക്തി ഇഷ്ടത്തിന് മാത്രം കൊടുത്തുകഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ട് അതാണ് നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് പരാതി പറയുന്ന നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നിരന്തരം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മളെപ്പോഴും അപൂർണതകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ പോരായ്മകളെയുള്ളൂ ന്യൂനതകളെയോളും ഇത് കാണുന്നേതുകൊണ്ടാണ് കാരണം താൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തനിക്ക് അമിത പ്രാധാന്യമാണ് അഭീഷ്ടങ്ങൾക്ക് താല്പര്യം അത് പാടില്ല എല്ലാം തന്നിലേക്ക് കേന്ദ്രീകരിച്ചെല്ലാം തനിക്ക് വേണ്ടി ചെയ്യും എല്ലാത്തിന്റെയും ആത്യന്തികമായ ഗുണഭോക്താവ് താൻ തന്നെയായി താൻ കഴിഞ്ഞ മറ്റാരും പറഞ്ഞു തന്നെ പരിഗണിച്ചിട്ടേ മറ്റുള്ളവരെ പരിഗണിക്കുന്നു ലളിതമായ ഭാഷയിൽ പറഞ്ഞ എന്താണ് തൻ്റെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരുടെ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അതേ ശ്രദ്ധ വേണ്ടതാണ് അത് കുറയ്ക്കാൻ പറയും അതേ ശ്രദ്ധ എന്നാണ് തനിക്ക് അതേ ശ്രദ്ധ ഉണ്ട് അതാണ് വികതാഭീഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി സമൂഹമായിട്ട് വളരെ സമരസപ്പെട്ടി അപ്പോൾ അയാൾക്ക് ആത്യന്തികമായി വിശ്വാസപൂർവം ജീവിക്കാൻ പറ്റും ജീവിക്കുക എന്നുള്ളതല്ല വിശ്വാസവും ജീവിക്കാം മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് അനിഷ്ടവും സംഭവിക്കാം അതാർക്കും തടുക്കാൻ പറ്റില്ല പക്ഷെ താൻ സ്വയം വിശ്വാസമാണോ എന്നായിരിക്കും സ്വയം താൻ വിശ്വാസമുള്ളവർ മറ്റനിഷ്ടങ്ങൾ സംഭവിച്ചോട്ടെ ഒന്നും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ തനിക്ക് തന്നെ സംബന്ധിച്ച് വിശ്വാസം ഉണ്ടായി അപ്പൊ അത് തന്റെ ചുറ്റുമുള്ളവരെ തനിക്ക് തുല്യമാണ് പരിഗണിച്ചാൽ അത് സാധിക്കും ആത്മൗപമ്യേന സർവ സമം ബശ്വതി ഓർജന ആത്മാപമ്യത്വം തനിക്ക് തുല്യത എന്നാണ് ആത്മാവ് തുല്യമായിരിക്കു തുല്യത എന്നുള്ള നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങളിലേക്ക് ഈ അതിരുകടന്ന ആത്മീയ വ്യാഖ്യാനങ്ങൾ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ സന്ദർഭങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് അകറ്റിയിട്ടുണ്ട് അങ്ങനെ അകറ്റിയതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ആത്മീയ ക്രൂരന്മാരായിട്ടുണ്ട് ഈ ആത്മീയ സ്വാർത്ഥികളെ പോലെ സ്വാർത്ഥത കാഹിതവും ഞാൻ കണ്ടിട്ടില്ല ആത്മീയക്കാരിലാണ് ഏറ്റവും കൂടുതൽ സ്വാർത്ഥത ഞാൻ കണ്ടിട്ടുള്ളത് ആത്മീയ പിശുക്കന്മാർ ഈ പിശുക്കം എന്ന് പറയുന്ന ഒരു സോർത്തനെ തനിക്ക് വേണ്ടിയെല്ലാം മാറ്റിവെക്കും അന്യനെ വേണ്ടി മാറ്റിവെക്കും വരുന്നതും കുറച്ച് അപ്പോ ഈ അഭീയ ക്രൂരത ആത്മീയ സ്വാർത്ഥദേഹത്ത് ഈ പറയുന്ന അപ്രായോഗികമായ വ്യാഖ്യാനങ്ങളാണ് വലിയ തത്വചിന്താപരമായ വ്യാഖ്യാനങ്ങൾ വരുന്നു അതാണ് ഈ ശങ്കരാചാര്യർക്ക് ഇത്രയും ക്രൂരന്മാരായിപ്പോയി മാനുഷിക ദൃഷ്ടിയിൽ അവരൊക്കെ വളരെ ക്രൂരന്മാർ ആർക്കും ദേഷ്യങ്ങളിൽ നിന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ ശൂദ്രന്മാരോടും സ്ത്രീകളോടും ഒക്കെ വളരെ ക്രൂരതകളാണ് അവർക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല അതാണ് പ്രശ്നം ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും എന്നാലും എന്റെ മറുസൈഡിലൂടെ കിട്ടത്തും ഒരു സൈഡ് മാത്രമല്ല ഇവിടെ കുറയും മാനുഷിക ഭാവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു പരമാത്മഭാവമുണ്ട് പരമാത്മഭാവം വരികയും മാനുഷികഭാവം നഷ്ടപ്പെടുകയും ചെയ്താൽ അത് ആത്മീയ ക്രൂരത എന്ന് പറയും കാരണമില്ല വിഘതാഭീഷ്ട സ്വാർത്ഥനിഷ്ടങ്ങൾ അതും പോയി പിന്നെ മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നു നാം ഭിവാഞ്ചത് ഇനോജൻ അത് മുമ്പ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും